ൻ രാജാവിന്റെ പതിനെട്ടാം ആണ്ടിൽ അബിയാവ് യഹൂദയിൽ രാജാവായി അവൻ മൂന്ന് സംവത്സരം എരുഷലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് മീഖായ എന്നുപേർ അവൾ ഗിബയക്കാരനായ ഊരിയലിന്റെ മകൾ അബിയാവിനും യരോബയാമിനും തമ്മിൽ യുദ്ധമുണ്ടായി അബിയാവ് നാലു ലക്ഷം ശ്രേഷ്ഠ യുദ്ധവീരന്മാരുള്ള ഒരു സൈന്യത്തെ അണിനിരത്തി യോരോബയാം അവന്റെ നേരെ എട്ടു ലക്ഷം ശ്രേഷ്ഠ യുദ്ധവീരന്മാരെ അണിനിരത്തി എന്നാൽ അബിയാവ് യഫ്രൈം മലനാട്ടിലെ സെമരായി മലമുകളിൽ നിന്നുകൊണ്ട് പറഞ്ഞത് യൂറോബ്യാമും എല്ലാ ഇസ്രയേലും ആയുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ ഇസ്രയേലിന്റെ ദൈവമായ ഹോവ ഇസ്രയേലിലെ രാജത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിന് അവനും അവന്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്ക് നൽകിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതല്ലയോ എന്നാൽ ദാവീദന്റെ മകനായ ഷലോമോന്റെ ദാസനും നബാത്തിന്റെ മകനുമായ യോരോബയാം എഴുന്നേറ്റ് തന്റെ യജമാനോട് മത്സരിച്ചു നീചന്മാരായ നിസ്സാരന്മാർ എന്റെ അടുക്കൽ വന്നുകൂടി ശലോമോന്റെ മകനായ രഹബയാമിനോട് ധാർഷ്ട്യം കാണിച്ചു രഹബയാമോ യൗവനക്കാരനും മനോബലമില്ലാത്തവനുമായിരുന്നതിനാൽ അവനോട് എതിർത്ത് നിൽപ്പാൻ അവന് കഴിഞ്ഞില്ല നിങ്ങളിപ്പോൾ ദാവീദിന്റെ പുത്രന്മാരുടെ കൈവശമുള്ള യഹോവിയുടെ രാജത്വത്തോട് എതിർത്തുനിൽപ്പാൻ വിചാരിക്കുന്നു നിങ്ങൾ വലിയൊരു സമൂഹം തന്നെ യോറോബയ നിങ്ങൾക്ക് ദൈവമായിട്ടുണ്ടാക്കിയ പൊൻകാളക്കുട്ടികളും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ നിങ്ങൾ അഹ്റോന്റെ പുത്രന്മാരായ യഹോവിയുടെ പുരോഹിതന്മാരെയും ലേവ്യരെയും തള്ളിക്കളഞ്ഞ് അന്യദേശങ്ങളിലെ ജാതികളുടെ മര്യാദപ്രകാരം നിങ്ങൾക്ക് പുരോഹിതന്മാരെ ആക്കിയിട്ടില്ലയോ ഒരു കാളക്കുട്ടിയോടും ഏഴ് ആട്ടുകൊറ്റന്മാരോടും കൂടെ കരപൂരണത്തിനു വന്ന ഏവനും ദൈവമല്ലാത്തവയ്ക്ക് പുരോഹിതനായിത്തീരുന്നു ഞങ്ങളുടെ ദൈവമോ യഹോവയാകുന്നു ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരായിട്ട് അഹർവിന്റെ പുത്രന്മാർ ഞങ്ങൾക്കുണ്ട് ലേവ്യരും തങ്ങളുടെ വേല നോക്കി വരുന്നു അവർ ദിനം പ്രതി രാവിലെയും യഹോവയ്ക്ക് ഹോമയാഗങ്ങളും പരിമള ധൂപവും അർപ്പിക്കുന്നു കാഴ്ചയൊപ്പം വിശുദ്ധ മേശമേൽ അടുക്കുന്നു പൊൻനിലവിളക്കും അതിന്റെ ദീപങ്ങളും വൈകുന്നേരം തോറും കത്തിക്കുന്നു ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ആജ്ഞ പ്രമാണിക്കുന്നു നിങ്ങളോ അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു ഇതാ ഞങ്ങളോടുകൂടെ ഞങ്ങളുടെ തലവനായി ദൈവവും നിങ്ങളുടെ നേരെ ധ്വനിപ്പിക്കേണ്ടതിന് മഹാധ്വനിക്കാഹളങ്ങളോടുകൂടെ അവന്റെ പുരോഹിതന്മാരും ഉണ്ട് ഇസ്രയേലെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത് നിങ്ങൾ കൃതാർത്ഥരാകെയില്ല എന്നാൽ യൂറോബയാം അവരുടെ പുറകിൽ വളഞ്ഞു ചെല്ലുവാൻ പതിയിരുപ്പുകാരെ അയച്ചു അങ്ങനെ അവർ യഹൂദ്രുടെ മുമ്പിലും ആയി യഹൂദ്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ പടമുമ്പിലും പുറകിലും കണ്ട് യഹോവിയോട് നിലവിളിച്ചു പുരോഹിതന്മാർ കാഹ്ളമൂതി യഹൂദപുരുഷന്മാർ ആർത്തുവിളിച്ചു യഹൂദാ ആർത്തുവിളിച്ചപ്പോൾ ദൈവം യോരോബ്യാമിനെയും എല്ലാ ഇസ്രയേലിനെയും അബിയാവിനോടും യഹൂദ്യരോടും തോൽക്കുമാറാക്കി ഇസ്രയേല്യർ യഹൂദ്യരുടെ മുമ്പിൽ നിന്ന് ഓടി ദൈവം അവരെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു അബിയാവും അവന്റെ ജനവും അവരെ കഠിനമായി തോൽപ്പിച്ചു ഇസ്രയേലിൽ അഞ്ചു ലക്ഷം ശ്രേഷ്ഠ യോദ്ധാക്കൾ ഹതന്മാരായി വീണു ഇങ്ങനെ ഇസ്രേലിയർക്ക് ആ കാലത്ത് താഴ്ച വന്നു യഹൂദ്രോ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചതുകൊണ്ട് ജയം പ്രാപിച്ചു അബിയാവ് യോരോബയാമിനെ പിന്തുടർന്നു ചെന്ന് അവന്റെ പട്ടണങ്ങളെ പിടിച്ചു ബേതേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും യശാനയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും യഫ്രോനും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും തന്നെ യൂറോബയാം അബിയാവിന്റെ കാലത്ത് ബലം പ്രാപിച്ചില്ല യഹോവ അവനെ ബാധിച്ചു അവൻ മരിച്ചുപോയി എന്നാൽ അബിയാവ് ബലവാനായിത്തീർന്നു അവൻ പതിനാല് ഭാര്യമാരെ വിവാഹം കഴിച്ച് ഇരുപത്തിരണ്ട് പുത്രന്മാരെയും പതിനാറ് പുത്രിമാരെയും ജനിപ്പിച്ചു അബിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ നടപ്പും വാക്കുകളും ഇദ്ദോ പ്രവാചകന്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു